ാണ് യോഗ്യായ വസ്ത്രീ പ്രമാണി ആത്മാനവജ്ജനേക്ക് വ്യക്ത നമ്മുടെ അഭ്യയക്തം എന്ന് പറഞ്ഞിരിക്കുന്ന ആത്മാവന ആത്മാവന എന്നുകൊണ്ടാണ് അമിത്വം എന്ന് പറഞ്ഞേതനായ യോഗ്യായ വസ്തു ഛേദിക്കാൻ ഉണക്കാൻ ഒതുർക്കാൻ കത്തിക്കാൻ എല്ലാം യോജിച്ച വസ്തുക്കൾ ഭൗതികമായ വസ്തുക്കൾ അത് കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ പറയുക ഭൗതികമായുള്ള വസ്തുക്കളെ കത്തിക്കുകയോ മുറിക്കുകയോ ഉണക്കിയോ കുത്രക്കയോ എല്ലാം ചെയ്യാം പ്രമാണയിൽ വെച്ച് അവയെല്ലാം പ്രമാണങ്ങളിലൂടെ അത് പ്രകാശിപ്പിക്കാം പ്രമാണങ്ങളിലൂടെയെല്ലാം അതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കൊണ്ടാകാം കണ്ണുകൊണ്ട് കാണാം ചെയ്തുകൊണ്ട് അങ്ങനെ അതാണ് ദേഹി പ്രമാണേഹി വ്യക്തി വസ്തുക്കളെല്ലാം പ്രമാണങ്ങളിലൂടെ അറിയപ്പെടുന്നവയാണ് പ്രമാണങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഭവതി വസ്തുക്കളെല്ലാം അങ്ങനെയുണ്ട് ആയ ആത്മാവിനെ അജ്ഞാ പ്രകൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയില്ല പ്രമാണങ്ങൾ കൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയില്ല ആ പ്രമാണങ്ങൾ ആത്മാവിനെ അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനത്തിൽ മഹാഭാരതത്തിന് ഒരു ശ്ലോകം പഠിച്ചിട്ടുണ്ട് ഇന്ദ്രിയെ ഗൃഹയിലെ കൊണ്ട് ഏതേതെല്ലാം വസ്തുക്കൾ നമുക്കറിയാൻ കഴിയുമോ അതിനെ വ്യക്തമെന്ന് പറയും അഭ്യക്തവലി വിജയം ലിംഗഗ്രാഹ്യം അതീന്ദ്രിയം അഭ്യക്തം എന്ന് പറയുന്നത് എന്തിനാണ് ലിംഗഗ്രാഹ്യം ഹേതുവിലൂടെ അനുമാനത്തിലൂടെ അറിയുന്നത് അല്ലെങ്കിൽ ഊഹത്തിലൂടെ അറിയുന്ന ഇങ്ങനെ ഒരു സാധനമുണ്ട് അതെന്തുകൊണ്ടാണ് അതീവമാണ് പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് പ്രത്യക്ഷ പ്രമാണം കണ്ണ് ചെവി മൂക്ക് നാക്ക് ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ കൊണ്ട് എന്നെ അറിയാൻ കഴിയില്ല പക്ഷെ ശബ്ദപ്രമാണത്തിലൂടെ അറിയാം ത്തിലൂടെ അറിയാം അർത്ഥാപത്തിയിലൂടെ അറിയാം എന്തൊക്കെ അറിയുന്നു പക്ഷെ അത് പോരണ്ടോ നമുക്കൊരു വസ്തുവിനെ കുറിച്ച് ശരിയായ നമ്മൾ പറയുന്നു അത് പ്രത്യക്ഷമായി അറിയുന്നു ആത്മാവിനെ കുറിച്ച് ആത്മാവിനെ അംഗീകരിച്ചിരിക്കും എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു ണങ്ങളിലൂടെ അറിയാം പ്രത്യേകിച്ച് എല്ലാവരും ആത്മാവിനെ അംഗീകരിക്കുന്നവർക്ക് ആസ്തികന്മാരാണ് ബൗദ്ധന്മാർ പറയുന്നു ക്ഷണിക വിജ്ഞാനമാണ് ആത്മാവെന്ന് അതിനപ്പുറമല്ല ബൗദ്ധന്മാർ ആത്മാവിനെ അംഗീകരിക്കുന്നതിന്റെയോ ആത്മാവിനെ അംഗീകരിക്കുന്നില്ല പൊതുവെ എന്ന് പറഞ്ഞാൽ യാസ്തികന്മാർ അംഗീകരിക്കുന്ന ആത്മാവിന് ബൗദ്ധന്മാർ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അവർ ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ട് അവർ ക്ഷണിക വിജ്ഞാനം തന്നെ ആത്മാ പ്രദക്ഷിണം നശിച്ചു കൊണ്ടിരിക്കുക ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെ അവരും ആത്മാവിനെ അംഗീകരിക്കുന്നു ശൂന്യത അംഗീകരിക്കുന്നവരാണെങ്കിൽ അവർ പറയും ശൂന്യത അതാണ് ആത്മാ അതെന്താ ശൂന്യത നിർവചിക്കാൻ കഴിയും നിർവചിക്കാൻ കഴിയാത്തതായിരിക്കും അതാണ് എന്നെല്ലാം പറയുമ്പോൾ അവർ ആത്മാവിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആസ്തിയന്മാർ പറയുന്ന തരത്തിൽ ആത്മാവിനെ അംഗീകരിക്കുന്നത് ഈ ബോട്ടിലെന്ന് പറയുന്നത് തിരുത്തിരിക്കരുത് ബുദ്ധൻ എന്നല്ല ബുദ്ധന്റെ അനുയായി ബുദ്ധന്റെ ഉപദേശങ്ങളെ വ്യാഖ്യാനിച്ച് ദർശനങ്ങളാക്കി മാറ്റിയ എന്ന അഭിപ്രായം കൂടി പറയുകയാണ് ബുദ്ധന്റെ മൗലത്തിൽ ശൂന്യമായിട്ട് ചെറു വ്യാഖ്യാനിച്ചു ബുദ്ധൻ ശൂന്യം എന്ന് പറഞ്ഞിട്ടുള്ളൂ ആ ശൂന്യത അവർ ആത്മാവാണോ ആശൂന്യത എന്ന് വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളാണ് മത്സ്യന്മാർ ആർക്കും തന്നെ ആത്മാവിനെക്കുറിച്ച് നേതാഭിപ്രായം കൊണ്ടുവരില്ല എല്ലാവരും എല്ലാവർക്കും അവരവരുടേതായ പ്രത്യേക ആത്മാവാണ് ആത്മാവിനെ കൂടുതൽ അതിന് നിർവജിക്കുക അതിന് ലക്ഷണം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ടാവും ഒരു തമ്മിൽ നിങ്ങളുടെ രക്ഷണം ശരിയല്ല നിങ്ങളുടെ നിർവചനം ശരിയല്ല എന്ന് വേറെ ആളുകൾ അങ്ങനെ പറയുമ്പോൾ പൊതുവെ എല്ലാവരും കൂടെ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് അവ്യക്തമാണ് അതുകൊണ്ടൊന്ന് ഊഹിക്കാനേ കഴിയും നമ്മൾ പൊതുവെ സാധാരണ തന്നെയാണ് ആത്മാവാണ് എന്റെ അനുഭവമാണ് എന്ന് പറയും അതാലോചിക്കാതെ പറയുന്നതാണ് കാരണം ആത്മാവ് മറ്റു വസ്തുക്കളെ പോലെ അനുഭവത്തിൻ്റെ വിഷയമായ അത് പരിച്ഛിന്നമാണ് ആത്മാവ് അല്ലാതായിട്ട് അതുകൊണ്ട് ആത്മാവ് അനുഭവമാണ് എന്നും പറയാൻ പറ്റില്ല തിരിച്ചു പറയാൻ എന്താണോ എന്റെ അനുഭവം അതാണ് ആത്മാവ് മനസ്സിലാക്ക ആത്മാവിനെ ഞാൻ അനുഭവിക്കയില്ല എന്റെ ഉള്ളിലൊരു അനുഭവം ഉണ്ടല്ലോ അനുഭവം എന്ന് വെച്ചാൽ ഈ അറിവ് ഇത് തന്നെയാണ് ആത്മാവ് അങ്ങനെ പറയാം അങ്ങനെ പറയുന്നതിന് ദോഷം ഈ പ്രപഞ്ചം നമ്മളെ അനുഭവം ഇത് തന്നെയാണ് ആത്മാവ് അങ്ങനെ കാണുന്നതൊക്കെ തന്നെയാണ് ആത്മാവ് ാരായണ പ്രതിമ എന്ന് പറയുന്നത് കണ്ണെന്നെല്ലാം ആത്മാവെന്ന് ആ രീതിയിൽ പറയാം അപ്പം എല്ലാത്തിനും ആത്മാവായി അംഗീകരിച്ചുകൊണ്ടാണ് പക്ഷെ അങ്ങനെ പറയുമ്പോഴെന്ത് പറയും അത് ഈ കാണുന്നതൊക്കെ ആത്മാവെന്ന് എന്തുകൊണ്ട് പറയുന്നത് അത് പറയും ആത്മാവിന്റെ രൂപാന്തരമാണ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നു ശബ്ദങ്ങൾ കൊണ്ട് പറയും അത് അതിന്റെ എന്താണ് ഒരു പ്രകടഭാവം അങ്ങനെ പറയുമ്പോഴും പറയും പക്ഷെ അത് ശരിയായിട്ടുള്ള ശുദ്ധമായ ആത്മാവല്ല അപ്പൊ കാണുന്നതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ എന്താണ് ഈ കാണുന്നതായിട്ടും നമുക്ക് ആത്മാവിനെ മനസ്സിലാക്കാം യഥാർത്ഥമായ ആത്മാവിനെ മനസ്സിലാക്കുന്ന ഒരു വഴി എന്നതിനർത്ഥം എന്നുകൊണ്ട് ആത്മാവ് അവ്യക്തം തന്നെ ആത്യന്തികമായ ആത്യന്തികമായി അത് അവ്യക്തമാണ് ഊഹിക്കാനേ കഴിയും അതുകൊണ്ട് പറഞ്ഞത് നിനക്കിലാക്കി അതീന്ദ്രിയുടെയാണ് അതീന്ദ്രിയമായ ഒന്നും അപ്പോൾ അതീന്ദ്രിയമായ ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമാകാത്ത ഒന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് അത് ഇല്ലാത്തവരുടെ അകം തന്നെ തന്നെ അതാണ് സത്യം അതാണ് പരമാർത്ഥം ആസ്യന്മാരെല്ലാം പറയുന്നതാണ് അതുകൊണ്ടിവിടെ നാവിന് അഭ്യക്തം എന്ന് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വിചാരിക്കുന്ന തന്നെ പറയും അഭ്യക്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ടും മായ അമ്പം അംബ്യക്തം ഈ ശബ്ദങ്ങൾ കൊണ്ട് പറയുന്നത് ആത്മാവല്ല അത് മറ്റൊന്നാണ് അപ്പോ അംബ്യക്തത്തിന് അങ്ങനെ ഒരർത്ഥമുണ്ട് ഭൂതാലി അത് അവ്യാകൃതത്തിൽ നിന്ന് തുടങ്ങുന്നു അത് ഒരു അപ്രകടമായ ഭാവം പ്രപഞ്ചത്തിന്റെ അനുനുമായ എന്ന് പറയുന്ന അദ്വീതികളുടെ ഇടയിൽ തന്നെ അതിനൊക്കെ ഒരുപാട് തർക്കവിതർക്കങ്ങളുണ്ട് ആ വ്യാകൃതം അവിദ്യാകൽപ്പിതമാണ് എന്താണ് ഭാഷകാല ആശയം എന്ന് ഒരു കൂട്ടിൽ വേറെ കൂട്ടിൽ പറയുന്ന എന്താണ് അവ്യാകൃത സ്വതന്ത്രമാണ് അവിദ്യകൽഷ്യമാണ് അതിനകത്ത് അദ്വൈതകൾക്കിടയ്ക്കുള്ളവരുടെ വ്യത്യാസം ഇതിനൊന്നും അദ്വൈതം എന്ന് തന്നെ ഏത് രൂപത്തിലുള്ള സിദ്ധാന്തമാണ് പല പല പല കാഴ്ചപ്പാടുകൾ പല പ്രക്രിയ ഭേദവും ഒരാൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് അപ്പൊ ഒരു ഭാഗത്ത് തന്നെ ഇരിക്കും അത്തരം എന്താണ് അദ്വൈതമെന്ന് പറയുന്നത് എന്താണ് അത് ഏകമാണ് അദ്വൈതത്തെ നമ്മൾ ഏകമായിട്ടാണ് പക്ഷെ അദ്വൈതത്തിന്റെ ഒരുപാട് നാനാത്മുണ്ട് അദ്വൈതത്തിൽ അദ്വൈതം പറയുന്ന സമയത്ത് ഇത് വലിയ പണ്ഡിതന്മാരും ഇതൊക്കെ ചർച്ച ചെയ്തു ഇത്തരം കാര്യങ്ങൾ അവരെ സാധാരണ പ്രേക്ഷകരുടെ മുമ്പിൽ അദ്വൈതത്തെ അങ്ങനെ വിശദീകരിക്കാൻ പോയി ഈ സാമാന്യ ജനങ്ങളെന്ന് പറയുന്ന എന്താണ് അദ്വൈതത്തെ വിശ്വസിക്കുന്നവരാണ് അറിയുന്നവരാണ് അവർക്ക് എല്ലാം അവർക്കൊരു വിശ്വാസം മനസ്സൈവുമുരൻ അവർക്ക് കൊടുത്തിരിക്കുന്ന എന്താണ് ഒരു വിശ്വാസാണ് അവർക്ക് എല്ലാവരും വിശ്വസിക്കാനേ അറിയാം പാവങ്ങളദ്വൈതത്തെ വിശ്വസിക്കും മതത്തെ വിശ്വസിക്കും രാഷ്ട്രീയത്തെ വിശ്വസിക്കും എന്തിനാ ഒരു വിശ്വസി അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ അടുത്ത് ഈ അങ്ങോട്ട് വിശദീകരിക്കാൻ പറ്റില്ല എന്നാ എന്റെ സംഭവിക്കുന്നു ബുദ്ധിഭരിതം ലാഭം അവരുടെ വിശ്വാസങ്ങള് തകടം പറയും അവരുടെ ജീവിതം പിടിച്ചു നിൽക്കുന്ന ഇവിടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു ഉഴപ്പാണ് അതുകൊണ്ട് അദ്വൈതത്തിന്റെ നാനാർത്ഥം എന്ന് പറയുന്നത് പരിഗണിച്ചാണ് ഞാൻ അദ്വൈതത്തെ കുറിച്ച് അദ്വൈതത്തിന്റെ നാനാർത്ഥത്തെ വിശദീകരിക്കുക അതും അദ്വൈതത്തെ ചർച്ച ചെയ്യുന്ന വിദ്വാൻമാരുടെ ഇടയിലാണ് അദ്വൈതത്തെ വിശ്വസിക്കുന്ന പാവങ്ങളുടെ ഇടയ്ക്ക് അല്ല അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ എന്തിനാ ബുദ്ധിഭേദം ഉണ്ടാക്കുന്നു അപ്പോ അമീക്കത്തിന്റെ രണ്ടർത്ഥങ്ങൾ അദ്വൈതികൾ കണ്ടവർ ഒന്ന് മായ മറ്റൊന്ന് ബ്രഹ്മ അപ്പൊ ഇവിടെ രാമാനുജാചാര്യ ആത്മാ അവിയുക്ത ശബ്ദം അതാണ് ശങ്കരാചോ എന്ന് പറയും ഇവിടെ ഭാഷ അവയുക്തം എന്ന് പറഞ്ഞ ആത്മാവാണ് രണ്ടുപേർ പോലെ അഭിപ്രായം എന്ന് പറയും പക്ഷെ അത് അതീന്ദ്രിയോ അതീന്ദ്രിയാണെങ്കിൽ അത് ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾക്കും മനസ്സിലാകുന്നതിന്റെ പ്രയാസപ്പെടില്ല ഉണ്ടെന്ന് വിശ്വസിക്കും ശാസ്ത്രങ്ങളെ പറഞ്ഞിരിക്കുന്നു വിശ്വസിക്കുന്നു അല്ല ബുദ്ധിമാന്മാരെ പ്രമാണങ്ങളിലൂടെ അതിനെ നിർണ്ണയിക്കുക പ്രമാണങ്ങളുടെ വിചാരമാർഗത്തിലൂടെ അതിനെ നിർണ്ണയിക്കുക അതിനെ നിർണ്ണയിക്കുക അങ്ങനെ വേണ്ടും അല്ലാണ്ട് നമ്മുടെ വിദ്യാസ്യം തന്നോണ്ട് പറഞ്ഞു തൈ ആ പ്രമാണങ്ങളെ ആത്മാവനവെച്ചത് ആത്മാവ് പ്രകാശിപ്പിക്കപ്പെടുന്നില്ല അതുകൊണ്ടത് അത്യാസാതി മുറിക്കുക ഉണക്കുക കത്തിക്കുക ഇതിന് ഛദ്യിക്കപ്പെടുന്നതും പറ്റും പഞ്ചഭൂതങ്ങളും പറ്റും അതിൽ നിന്ന വിസജാതി വിഭിന്നമായുള്ള ആത്മാവ് ില്ല കുലബന്ധം പോല നന്ദി സജാതിക സജാതികാതികളി സജാതിക തികച്ചുമേ ഭിന്നമായ ഒന്നാണ് അതിനേ പ്രപഞ്ചമായിട്ട് ജാതക അചിന്തി സർവവസ്തു വിജാതീയത്വേന തത്തത് സ്വഭാവയുക്തയ ചിന്തയിലും അഭിയ ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല ഇതെല്ലാവരും പറയുന്ന കാര്യം കൂട്ടായിരുന്നു അധികം വ്യത്യാസം ആത്മാവിനെ നമുക്ക് ചിന്തിക്കാനും കഴിയത്തില്ല ചിന്തിക്കാനും കഴിയത്തില്ലെങ്കിലും എന്താണ് അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം അതിനെ മനനം ചെയ്യാം പക്ഷെ അത് ചിന്തിക്കാൻ കഴിയുന്നില്ല അവിടെ അദ്വൈതി അദ്വൈതബുദ്ധി ഉപയോഗിച്ച് പറയും ചിന്തിക്കാൻ കഴിയില്ല പ്രമാണങ്ങളൊക്കെ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു ഇതിന്റെയൊന്നും ഒരു വിഷയമാണോ പിന്നെന്താ അദ്വീതി പറയും എല്ലാത്തിന്റെയും സ്വരൂപമായി ഇങ്ങനെയുള്ള ചില താർക്കിക യുക്തികളിലൂടെ ഉണർത്തിന്റെ വൈരുദ്ധ്യങ്ങളും പരിഹരിക്കാൻ ശ്രമിക്കുന്നു വൈരുദ്ധ്യങ്ങളുണ്ട് പക്ഷെ അദ്വിനേയനം പരിഹരി പരിഹരിക്കാൻ ശ്രമിക്കുന്ന എന്താണ് ഇത്തരം യുക്തികളിലൂടെ എന്താണ് ഇങ്ങനെ ഒരു ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊണ്ടുവന്നൊക്കെ പറയുമ്പോൾ അവിടെ വിചാരിച്ചു വിചാരിക്കുമ്പോൾ യുക്തിഭംഗങ്ങളൊക്കെ യുക്തിഭംഗം ഉണ്ടാവും യുക്തിഭംഗം ഉണ്ടാകുമ്പോൾ എന്തോ അപ്പോ ചിന്തയില്ല അപ്പോ യുക്തിയോടും പോകും അതിനെ പരിഹരിക്കും എന്നിട്ട് നിർണയിക്കും അത് അദ്വൈനയുടെ രീതി അതുകൊണ്ട് പറയുന്നു എന്താണോ ആ ചിന്തിക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കാൻ കഴിയാത്തതാണെന്ന് ചിന്തിക്കുക സർവവസ്തുവിചാരി വ്യക്തി എന്തുകൊണ്ട് എല്ലാ വസ്തുക്കളിൽ നിന്നും അത് ഭിന്നം തത്വസ്വഭാവതയാ ചിന്തയോനാണ് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സ്വഭാവത്തോട് ബന്ധിപ്പിച്ച് ചിന്തിക്കാൻ പറ്റില്ല ചേദ്യമായ ഒരു വസ്തു ചേരിക്കട്ടെ ദാക്ഷ്യമായ ഒരു വസ്തു ചേരിപ്പിക്കട്ടെ ആ വസ്തുക്കൾക്കുള്ള ഓരോ സ്വഭാവമാണ് ശോഷ്യമായ വസ്തു അങ്ങനെയുള്ള വസ്തുക്കളോട് ബന്ധപ്പെടുത്തിയാക്കാമെന്ന് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് ഭൗതിക വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും ഓരോ ഗുണങ്ങളിലൂടെയും ചിന്തിക്കാൻ അത്തരം ഗുണങ്ങളിലൂടെയെങ്കിലും ഈ ആത്മാവിനെ ചിന്തിക്കാൻ കഴിയത്തില്ല വസ്തു സ്വഭാവത്തോട് ചേർത്ത് ചിന്ത ചെയ്തു അതിനാക ചിന്തിക്കാൻ കൂടി പഠിക്കും അതാണ് എന്നാലുണ്ട് എപ്പോഴും എന്താണ് ഇങ്ങനെ നിഷേധിക്കുമ്പോൾ നമ്മൾ മനസ്സിലായിക്കോളും നിഷേധിക്കാമെന്നു എന്താണ് നേരി നേരി എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താ പറയുന്നത് ഇല്ലെന്നല്ല കൊണ്ടെന്നാണ് വികാരികാല അനർഹം അതുകൊണ്ട് തന്നെ എന്താണോ വികാര അനർത്ഥമാണ് ഒരു വികാരം അതിന് സംഭവിക്കുന്നില്ല തസ്മാലക്ഷണം ആത്മാനം വിധിത്വ തൃതേ അനുശോചിതം പ്രഭസി അതുകൊണ്ട് എന്താണ് തസ്മാലക്ഷണം ഏനം ആത്മാന ഈ പറഞ്ഞ ലക്ഷണത്തോടു കൂടിയ ഈ ആത്മാവിനെ വിധിത്വ് അറിയാൻ പറ്റാത്തതാണ് എന്താന്ന് പറഞ്ഞിട്ട് എങ്ങനെ അറിയാൻ അറിഞ്ഞാലും അങ്ങനെ അറിഞ്ഞിട്ട് തത്കൃതയെ ആത്മാവിനെ കുറിച്ച് ആത്മാവിനു വേണ്ടി ആത്മാവിനെ സംബന്ധിച്ച് നാണ് ശോചിന്ന് പറഞ്ഞത് നീ ദുഃഖിക്കേണ്ട കാര്യം ലോകത്തെന്തിനെ കുറിച്ച് ദുഃഖിച്ചാലും ശരി നീ ആത്മാവിനെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യം ഇല്ല അതിന് വികാരം സംഭവിക്കില്ല അത് നാശം അതിന് നാശം സംഭവിക്കില്ല ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ പുതിയ കാര്യങ്ങൾ തുമ്പോ പറഞ്ഞു ഇതൊക്കെ അല്ലേ നിത്യജാകം നിത്യം പോവാൻസ് അടുത്ത് വീണ്ടും പറയും പക്ഷേ കാലം പറയുന്നു ഇത് ആത്മതത്വം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണ് അതുകൊണ്ട് ഇത് പലതരത്തിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആൾക്കാരുടെ മനസ്സ് ഇതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കാൻ വേണ്ടി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി വളരെ പ്രാകൃതവും ആത്മാവാക്രിയ സൂക്ഷ്മവും ഇതല്ലാതെ വേറെ അടിയില്ല പലതരത്തിൽ പറയുക വിശദീകരിക്കുക മനസ്സാണ് മനനം വീണമെന്നൂടെ അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്ന ദോഷമാണ് അത് വളരെ സിമ്പിളാണ് അഥ ചേനം നിത്യജാ നിത്യം വന്യസേ മൃതം തഥാ മഹാഭാവോ നൈം സൂചിത്ത അഥ നിനം ആത്മാനം മനുഷ്യത്മാവിനെ അഥ മറ്റൊരു പക്ഷത്തെ കാണിക്കും എന്നിവരുന്ന മൂന്ന് ശ്ലോകങ്ങളിലും ഈ പക്ഷത്തെ ചർച്ച ചെയ്യണം മറിച്ച് എന്ന് പറയുമ്പോൾ നിത്യജാതം എപ്പോഴും ജനിക്കുന്നത് നിത്യമൃഗം എപ്പോഴും മരിക്കുന്നത് അങ്ങനെയുള്ള ദേഹം ഏവ ഏഴും ആത്മാന മനുഷ്യൻ ദേഹമാണ് എന്ന് ഈ ആത്മാവിനെ നീ കരുതുന്നു എങ്കിൽ അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ശങ്കരായര് പറയുന്നുണ്ടെന്നും ഒരു വ്യത്യാസമുണ്ട് ശങ്കരായര് പറയുന്നത് ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എന്നാണോ കരുതുന്നത് രാമാനുജാചാര് പറയുന്നു അങ്ങനെയല്ല ദേഹത്തനീ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ദേഹത്തെ ആത്മാവായി കരുതുന്നുണ്ടെങ്കിൽ വ്യത്യാസം ശങ്കരാചാര്യ പറയുന്നത് നിത്യജാതം നിത്യം മൃതം എന്നൊക്കെ പറയുന്നത് ആത്മാവിനെ കുറിച്ചാണ് അങ്ങനെയാണ് ശങ്കരഭാഷ രാമാനുചാര്യം പറയുമ്പോൾ പറയുന്നതൊക്കെ ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് എന്താണ് രാമാനുജാ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവിനെ സ്വീകരിക്കുന്നില്ല ഈ ശരീരത്തെ തന്നെ നീ ആത്മാവായി സ്വീകരിക്കുകയാണെങ്കിലും ദുഃഖിക്കണം എന്തുകൊണ്ട് ശരീരത്തിന്റെ സ്വഭാവം ഇതാണ് എന്ന ശരി എന്നും ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്നുവെച്ചാൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു അത് പ്രത്യക്ഷണ പരിണാമി എന്ന് പറയാം അങ്ങനെയുള്ള ഉൽപ്പത്തി നാശങ്ങളുണ്ട് ശരീരത്തിൽ നിന്നും മാറ്റം വരികയാണ് അല്ല ഇനി ജനിക്കുന്നു എപ്പോഴെങ്കിൽ മരിക്കുന്നു ഈ ശരീരമാണ് ആത്മാവ് വേറൊരു ആത്മാവില്ല എന്ന് തരുതാണെങ്കിലും ഇത്രയും ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് അതാണ് പറയുന്നത് അത് നിത്യജാതം നിത്യമൃഗം എന്നും ജനിക്കുകയും എന്നും മരിക്കുകയും ചെയ്യുന്നതാണ് ചെയ്യുന്നതായ അദ്ദേഹം അദ്ദേഹമാണ് ആത്മാവ് എന്നാൽ വേറിട്ടൊരാത്മാവിനെ കുറിച്ചല്ല പറയും ചാർവാകന്റെ പക്ഷം ചാർവാകനാണ് ഇവർ പറയും ദേഹം തന്നെയാണ് ആത്മാവ് എന്ന് കരുതുന്നുണ്ടെങ്കിലും ദേഹാതിരിക്തമുക്ത ലക്ഷണം മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടിയ ദേഹത്തിൽ നിന്ന് അതിരിക്തമായ ഒരു ആത്മാവിനെ അല്ല ആണ് വ്യത്യാസം ശങ്കരായർ പറയുന്നത് ഇവിടെ പറയുന്നതും ദേഹത്തിൽ നിന്ന് അതിരീക്തമായ ആത്മാവിനെ തന്നെയാണ് പക്ഷെ അത് എനിക്കും മരിക്കുകയും ചെയ്യുന്നു രാമാനുജാ എന്ന് പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ അതിരിക്തമായ ഒരു ആത്മാവിനെ കുറിച്ചല്ല പറയുന്നത് ദേഹത്തെത്തല്ല ദേഹമാണ് ആത്മാവെന്ന് ചാർവാകാനും പറ്റും കരുതുന്നു അങ്ങനെയാണ് കരുതുന്നുണ്ടെങ്കിലും ദൈവം സൂചിത മനസ്സിൽ അതാണ് തഥാപി ദൈവം ദേവം എന്ന് അവിടെയാണ് പറയുന്നത് അതിമാത്രം ഇത്രയധികം ദേഹമാണ് ആത്മാവെന്ന് കരുതുന്നു അത് ജനിക്കുകയും ചെയ്യുന്നു എന്ന് കരുതിയാലും അതിമാത്രം നശു ഇത്രയധികം ദുഃഖിക്കേണ്ട കാര്യം അപ്പൊ ആ ദുഃഖം അങ്ങോട്ട് കൂടിയിട്ട് അർജുനൻ പറയുന്നത് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല ഈ ശരീരത്തിന്റെ നാശത്തൊക്കെ ചെന്ന് ദുഃഖിക്കേണ്ട കാര്യമില്ല അതിമാത്രമ ഒരു നല്ല കാര്യമാണ് എന്താണ് ശരീരം നശിക്കുന്ന ജനിക്കുന്നതാണ് ഇല്ലാതെന്നാണ് അത് വേറെ ആത്മാവാണ് ആന ദുഃഖിക്കേണ്ട കാര്യമില്ല നല്ലത് തന്നെയാണ് പരിണാമ സ്വഭാവ ദേഹസ് ഉപത്തിവിനാശവ് അവർജനീയത്വമാണ് ദേഹം എന്ന് പറയുന്നത് പരിണാമ സ്വഭാവം ആ ദേഹത്തിൻ്റെ ഉത്പത്തി വിനാശം ഉത്പത്തിയും നാശവും അവർജനീയമാണ് ഒഴിവാക്കാൻ പറ്റുന്നത് ഈ പറയുന്ന കാര്യം വളരെ നല്ലൊരു ഉപദേശം എന്താണ് ദേഹം ആത്മാവിലെ കുറിച്ച് എത്തിക്കുക കുറിച്ച് മാത്രം അദ്ദേഹം പരിണമിക്കും പരിണാമം എന്ന് പറയുമ്പോൾ അതിന് അവസ്ഥകൾ മാറി വരുന്നു ഭാര്യ കൗമാരം പ്രാർത്ഥിക്കും അതിനൊന്നും കഴിക്കേണ്ട കാര്യമില്ല എന്നും യുവാവായിരിക്കാൻ പറ്റി വൃദ്ധനാണ് ആ പരിണാമത്തെ വർദ്ധിപ്പിപ്പിക്കുന്നു എന്റെ ശരീരം നശിച്ചു കൊണ്ടിട്ടു പക്ഷെ ഇതിനെന്തെങ്കിലും ദോഷമുള്ളതായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ പറയുന്നതിന് ഞാൻ ഇതിന്റെ ഒരു മറുവശം എത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇതിന് വലിയ ദോഷം തന്നെയാണ് എന്താണ് ദോഷം അത് നീ പ്രകടനം ഈ സന്ദർഭത്തിൽ പറയുന്ന എന്താണ് അർജുനോട് നീ ഹന്യത ഹന്യമാനെ ശരീരം കൊന്നാലും കൊല്ലപ്പെടുന്നില്ല അതുകൊണ്ട് പറയും തസ്മാസ്വഭാരത യുദ്ധം ചെയ്യുന്നു ഇതിലേറ്റവും വലിയ അപകടകരമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ നിർഭദ്രകരമായ ഒരു ആശയമെന്ന് നമുക്ക് തോന്നും അതായത് ശരീരം ഉണ്ടാകുന്നതാണ് നശിക്കുന്നതാണോ ദോഷവൊന്നുമില്ല ഇത് ആർക്കും നമുക്ക് ചിന്തിക്കാമെന്നുള്ള കാര്യമാണ് ഇങ്ങനെ ഒരാളും വളരെ നല്ലതുമാണ് അങ്ങനെ മനുഷ്യ ഏത് സമയവും മരിക്കാം ഏതവസ്ഥയിലും മരിക്കും ചിലപ്പോൾ മരണം പ്രതീക്ഷിച്ച് മരിക്കേണ്ടി വരും കാരണം രോഗവും മറ്റും വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല എന്ന് തോന്നുകഴിഞ്ഞാൽ അപ്പൊ മരണത്തെ പ്രതീക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞു വേറെ വരിക അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താണ് ഇത് ഇതിന്റെ സ്വഭാവമാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിൽ എന്തായാലും മരിക്കും എന്നൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഒരു ധൈര്യം കൂടും അപ്പൊ മരണത്തെക്കുറിച്ചുള്ള ഭയം വ്യാപനതും നമുക്ക് ഇല്ലാതാകാം ഇങ്ങനെ ഒരാർ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഉൾവാക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഭയം വ്യാപ നല്ല കാര്യമാണ് അതെന്റെ നല്ല അവസരം പക്ഷെ ഇവിടെ അവിടെ നിൽക്കുന്നത് ഇവിടെ പറയുന്നത് എന്താണ് ഇപ്പൊ എല്ലാം മരണം കൊല്ലലും രണ്ടല്ല മരണമല്ല ഹിംസ എന്ന് പറയും അപ്പോ മരണം സ്വാഭാവികമായതുകൊണ്ട് ഹിംസ സ്വാഭാവികമല്ല മരണത്തിൽ മനുഷ്യന് ഭയവും വേഗതയും ഇല്ലാത്തതുകൊണ്ടാണ് മരണം സ്വാഭാവികം എന്നറിയുന്നതുകൊണ്ടാണ് സംഭവിക്കുന്ന കാര്യമാണെന്ന് അറിയുന്നുകൊണ്ടാണ് നമുക്ക് മരണത്തെ ഒരാളെ അതിജീവിക്കുന്നു എന്നൊക്കെ പറയുന്നതാണെന്ന് വെച്ചാൽ മരണത്തിന്റെ മരണഭയം മരണചിന്ത മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളെ അതിജീവിക്കുന്ന ഒരാൾ മരണത്തെ അതിജീവിക്കാമെന്ന് പറയുന്നു വളരെ നല്ല കാര്യമാണ് പക്ഷെ അതന്നെ കൊല്ലുക എന്നത് അത് മരിക്കുകയല്ല കൊല്ലുന്നതാണ് രണ്ടും മരണത്തിൽ ഹിംസയില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും നമ്മളെല്ലാവരും മരിക്കും അവിടെ ഇന്ന് ഹിംസയില്ല അതിനെയല്ല ഹിംസ എന്ന് പറയും ഈ മരണവും ഹിംസയും തമ്മിലുള്ള വ്യത്യാസം ഈ ഗീത വ്യാഖ്യാനിച്ച പലർക്കും പിടികിട്ടില്ല മരണം കൊലപാതകം ഹിംസ എന്ന് പറയുന്ന ഒന്ന് മരണം വേറെയാണ് കൊലപാതകം വേറെയാണ് കൊലപാതമാണ് മരണം സ്വാഭാവികമാണ് അതുകൊണ്ട് കൊല്ലാം എന്ന് പറയുന്നത് അതിനാണ് എന്തുപറയുന്നത് എന്താണ് മരണം സ്വാഭാവികമാണ് അതുകൊണ്ട് കൊല്ലാം അതിനെന്ത് പറയും കടക്ക ബർലേറിയിസം ഭഗവാൻ അങ്ങ് നോക്കിയോ ഭഗവാൻ എന്നാൽ മനുഷ്യൻ എഴുതി വെച്ചിട്ട് പറയുന്നല്ല ആൾക്കാർ പഠിപ്പിക്കുന്ന ഭഗവാനെന്താ എഴുത്താണല്ലോ ഭഗവാനെന്താ ലേഖകനാണ് ഭഗവാന്റെ കവിത എഴുത്താണ് അതിനാണോ നേരുന്നത് മനുഷ്യൻ എഴുതി വെച്ചിട്ട് മനുഷ്യരെ പഠിപ്പിക്കുകയാണ് സമീകരണ എന്താണ് മരണവും കൊലപാതവും ഒന്നായി പഠിപ്പിക്കുക ാന് പാടില്ല അത് രണ്ടും തിരിച്ചറിയും മരണം ഓക്കെ മരണത്തെ സംബന്ധിച്ച് നിസ്സംഗമായ ഒരു നിലപാട് മനുഷ്യന് നല്ലതാണ് കാരണം നമ്മൾ മരിക്കേണ്ടി വരുന്നതുമാണ് മരണത്തെ സ്വയം മരിക്കുന്നതാണ് സ്വയം സ്വീകരിക്കുന്നതാണ് പക്ഷെ ആ നിസ്സംഗത കൊലപാതകത്തിൽ പാടില്ല ഹിംസയില് പാടില്ല കൊല്ലുന്ന പാടില്ല കൊല്ലുന്നത് തങ്കൽ പ്രിയമാണോ കൊല്ലുക എന്ന് പറയുന്ന ഒരു വിധി തനിക്ക് വന്നു കഴിഞ്ഞാൽ അത് തനിക്ക് പ്രിയമായിരിക്കും ആർക്കെങ്കിലും പ്രിയമാണ് പക്ഷെ മരണം നമുക്ക് പ്രിയമാകാം എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു അത് ജീവിതത്തിൽ ഒഴിവാക്കാൻ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കും അതിനെക്കുറിച്ച് ശരിയായ വിവേകത്തെ അർഹിച്ചു അതിനെ നമുക്ക് പ്രിയമായി സ്വീകരിക്കാം അത്രയും ദുഃഖിച്ചിട്ട് കാര്യവുമില്ല അവിടെ നമുക്ക് അറിയാൻ കാണും എല്ലാ അനുശോചിതം ഇത് ഗീതയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന പക്ഷെ കൊലപാതകത്തെ സംബന്ധിച്ച് അദ്ദേഹം നിലപാടെടുക്കാൻ പറ്റില്ല കൊല്ലുന്നടത്ത് അത് വേറിട്ട് തന്നെ കാണും ഞാൻ കൊലയ്ക്ക് എതിരാണ് ഏത് തരത്തിലുള്ള കൊലയ്ക്ക് എതിരാണ് പക്ഷെ മരണത്തിനെതിരല്ല കാരണം എതിർത്തിട്ട് കാര്യമല്ല കാരണം എനിക്കും നാളെ മരിക്കുകയും ചെയ്യും നാളെ ഇന്നറിയാൻ പറ്റില്ല ഇപ്പൊ നമ്മളിത് കയ്യിലൊന്ന് വ്യാഖ്യാനിക്കുന്ന തീവ്രവാദിയുടെ ഇടയ്ക്കാണ് മരണ ഏത് സംഭവിച്ചുള്ളത് അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഒരു േവലാതി മനസ്സിൽ പാടില്ല അതാണ് മനുഷ്യന്റെ ധൈര്യം എന്ന് മരണത്തെ നേരിടുന്ന ധൈര്യം അതെല്ലാവർക്കും പക്ഷെ കൊലപാതകം എന്ന് പറയുന്നത് എന്താണ് തങ്കൾ പ്രിയമാ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രിയമാകുന്നു അത് പ്രിയമാക്കേണ്ട കാര്യമില്ല അത് ഹിംസയാണ് അതൊരു ജീവിക്കും പ്രിയമല്ല ഒരു ജീവിയും കൊല്ലുന്നത് ഒരു ജീവിക്കും പ്രിയമല്ല അപ്പൊ ആധ്യാത്മിക ശാസ്ത്രം പഠിപ്പിക്കുന്ന എന്താണ് കൊല്ലുന്നത് പ്രിയവും നല്ല പഠിപ്പിക്കുന്നത് അങ്ങനെ എന്താണ് വേഗം ചെയ്യുന്നത് മരിച്ച മറിച്ച് അങ്ങനെ സ്വാഭാവമായും സ്വാഭാവികമായുള്ള മരണം അതിനൊരാൾക്ക് പ്രിയമായി സ്വീകരിക്കാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വ്യാഖ്യാനിക്കുന്ന ഇത് പറഞ്ഞു കാരണം ഞാൻ കൃത്യമായി ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുകയാണ് ഞാനിപ്പോ രാമാനുജന കൂടെ പിടിച്ചതെങ്കിലെന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റിടത്ത് ശങ്കരായ അഭിപ്രായം ഇപ്പൊ രാമാനുജന്റെ അഭിപ്രായം ഒരു മൂന്നാമന്റെ അഭിപ്രായം കൂടെ കയറ്റി എന്റെ കൂടെ എന്റെ അഭിപ്രായം ഇത് എന്റെ മരണം എനിക്ക് പ്രിയമാണ് സ്വാഭാവികമായും അതിലെനിക്ക് യാതൊരു വ്യാഗ്രതയില്ല അതിപ്പോൾ എവിടെ ഏത് നിമിഷം സംഭവിച്ചാലും ശരി എനിക്കത് പ്രിയം തന്നെയാണ് കാരണം അങ്ങനെ ഒരു മാനസിക അവസ്ഥ വളർത്തിയെടുക്കുന്നതാണ് ആത്മീയതയുടെ ഒരു നേട്ടം ആത്മീയ ജീവിതവും ഒരു നതിനോട് വേണ്ടിയുള്ളത് സ്വാഭാവികമായ പ്രപഞ്ചത്തിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളെ സ്വാഭാവികമൊന്ന് അംഗീകരിക്കുക അതിനെ സ്വീകരിക്കുക അതിൽ വ്യാകുലപ്പെടാതിരിക്കുക അവിടെയാണ് ആത്മീയതയുടെ ആവശ്യം പക്ഷെ ഞാൻ ഇത് പറയുന്നുകൊണ്ട് നിങ്ങൾക്കെന്നെ കൊല്ലാവകാശമില്ല മനസ്സിലായു ഇയാൾ ചാകാനായി നടക്കുകയാണ് ഇന്ന് കൊന്നുകടയാണ് അത് പറ്റില്ല എന്തുകൊണ്ട് ഞാൻ കൊലയ്ക്ക് എതിരാണ് എന്നെ ആരും കൊല്ലുന്നതും എനിക്കിഷ്ടമില്ല എനിക്കാരെയും കൊല്ലാനും ഇഷ്ടം ഇത് ഇവിടെ വേർതിരിച്ച ഇവിടെ ഇപ്പം പറയുന്നത് എന്താണ് മരമൻ സ്വാഭാവികമാണ് ലഞ്ജീവരി അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല ശരിയാണ് പക്ഷെ ഇവിടെ അർജുനന്റെ ദുഃഖം മരണത്തെക്കുറിച്ചുള്ള ദുഃഖമല്ല പിന്നെയോ കൊലയെക്കുറിച്ചുള്ള ദുഃഖമാണ് മനസ്സിലായി ഇത് രണ്ടും വ്യക്തമായിട്ട് എന്ന് മനസ്സിലാണ് ദൈവം ശോചി ഇത്രമാത്രം ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാ പറയും ഇത്രമാത്രം ദുഃഖം എന്ന് പറയുന്നത് അർജുനനും മറില ഭയമാണ് അത് അർജുനും തുറന്നു പറയുന്നുണ്ട് ചിലപ്പം ഞങ്ങൾ ഇവർക്കുണ്ട് അല്ലെങ്കിൽ അവർ ഞങ്ങളെ കൊല്ലും അപ്പൊ എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നമൊന്നും എന്ന് പറയുമ്പോൾ അവിടെ അർജുനൻ പറയുന്നത് എന്താണ് ഒരു യോദ്ധാവെന്നുള്ളതാണെങ്കിൽ ഇതൊരു തൊഴിലായി കൊണ്ടുനടക്കുന്നതാണ് എപ്പോഴും മരണ സംഭവം അപ്പോ മരണം എനിക്ക് സംഭവിച്ചാൽ എന്റെ തൊഴിൽ ഇതായത് കൊണ്ട് ശരി ഞാൻ ഓക്കെയാണ് പക്ഷെ എനിക്ക് കൊല്ലാനിഷ്ട മനസ്സിലാവുന്നുണ്ട് ഗീതെന്നൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ും നമ്മുടെ ചിന്തയിൽ അടിസ്ഥാനപരമായി ഉണ്ടാക്കുന്ന ഒരു തയ്യാറാണ് മരണത്തെ മനുഷ്യൻ മരിക്കുന്നു എനിക്ക് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു സ്വാഭാവികമായ കാര്യങ്ങൾ മനുഷ്യനെ സ്വീകരിക്കാം പക്ഷേ ഒരു ജീവിയുടെ പ്രാണനെ എടുക്കാൻ വേറൊരു ജീവിക്ക് അവകാശം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഒരു ജീവിക്ക് പ്രാണൻ കൊടുത്ത ഈശ്വരനാണ് അപ്പോ ആ പ്രാണെടുക്കാൻ ഈശ്വരൻ്റെ അവകാശം എന്നുവെച്ച കാലത്തിൽ ഈശ്വരൻ എടുത്തോട്ടെ അത് കൊടുക്കാൻ അധികാരമില്ലാത്തവൻ എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെ ഒരാൾ കിടക്കാൻ അങ്ങനെ ആവശ്യമുണ്ട് അതിനെന്ത് തത്വശാസ്ത്രമാണ് അതിനെ ന്യായീകരിക്കുന്നത് അതിനൊരു തത്വശ്വാസം കൊണ്ട് ന്യായീകരിക്കാൻ പറ്റത്തില്ല കൊലകൾ നിരന്തരം ആവശ്യമായി വന്നപ്പോ ഒരു കാലഘട്ടത്തിൽ കഴുകി വെച്ചാണ് നീ നിരന്തരം ഒരു കാലത്തിന്റെ ആവശ്യമായിട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് പഠിക്കുക കൊല്ലുക അതിനാണ് ഞാൻ പറയുന്നത് ബാർബേറിയിസം അത് നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ മിലിറ്റന്റുകൾക്കാവുന്ന ഇഷ്ടപ്പെടത്തില്ല റിലീജിയസ് മിലിറ്റന്റുകളൊന്നും ഓർക്കിഷ്ടപ്പെടില്ല ആയിരത്തി എണ്ണൂറ് ഓർത്താവുന്ന വർഷം ബ്രിട്ടീഷുകാർക്കൊരു റൂൾ ഉണ്ടാക്കി ഒരു ഉത്തരവ് പുറപ്പെടുത്തി ഇന്ത്യയിൽ ണെന്ന് വേണം റിലിജിയസ് സോയിസൈഡ് പാടില്ല ചരിത്രരേഖ നമ്മളെ പോലെ പുരാണമൊക്കെ പറയുന്ന റിലിജിയസ് സോയിസൈഡ് നമ്മുടെ ഈ ഇത്തരം അന്ന് ഇന്ത്യയിലൊരു മുദ്രാവാക്യമുള്ള മർജായെങ്കിൽ താർജ് ആയ മരിച്ചു കഴിഞ്ഞാൽ തരണം ചെയ്യും എന്തു തരണം ചെയ്യും ഈ സംസാരത്തെ തരണം ചെയ്യാം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക സ്വയം ആയിരത്തി എറുന്നൂറ്റി ഇരുപത്തിനാലിൽ അച്ഛൻ ചരിത്രം കൂടെ പറയാം നിങ്ങളിതൊന്നും സ്വയം പഠിക്കുന്നില്ല ഒരു വിദേശി ഇന്ത്യ സന്ദർശിച്ചു എവിടെയാണ് സന്ദർശിച്ചതെന്നറിയാം പറയാവില്ല കുംഭമേള അയാളുടെ കൂടെ ഒരു സന്യാസി ഉണ്ടായിരുന്നു അയാളുടെ പേര് നാരായണദാസ് എന്ന് വെച്ചാൽ വൈരാഗി സമ്പ്രദായം ഒന്നും മനസ്സിലാക്കാം ദാസിനും വൈരാഗി സമ്പ്രദായം ഇവർ ട്രെയിനും ഒന്നുമില്ല നടന്നു ഒക്കെയാ പോകുന്നു അന്നേ ഉണ്ട് കുംഭമേള കുംഭമേള എന്ന് പറയുന്നത് കുറച്ച് പഴക്കങ്ങളാണ് സ്കന്ധപുരാണത്തിൽ കുംഭയോഗത്തെ കുംഭ തീർത്തത്തെ പറയുന്നു കുംഭയോഗം എന്ന് ഗ്രഹയോഗമാണ് അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് പറയാവില്ല തമ്മിൽ ഉത്സവം വീളാമെച്ച ഉത്സവമാണ് ആ നടക്കും ആൾക്കാരെ പോയി പൊളിക്കും അവരുടെ അതിന്റെ ഭാഗമാണ് ഈ ഈ വിദേശി അവിടെ ഇത് അപ്പോഴേ ഉണ്ടത് കാണാൻ ചെല്ലുമ്പോൾ എന്താണ് സംഭവിച്ചത് ഇയാടെ കൂടെ പോയ ഈ ാരായണ ചെന്നിട്ട് അവിടെ തീരത്തിക്കൊണ്ടൊരു ബ്രാഹ്മണ പുരോഹിതന് അയാളോട് പറയുകയും അയാളുടെ കയ്യിൽ വച്ചിട്ടുണ്ടെന്നാണ് കഠാര ആ കഠാരയെടുത്ത് എന്റെ നെഞ്ചില് കുത്തിയിറക്കുന്നത് അയാള് അയാളുടെ പൂജ വെച്ച് എന്ത് ചെയ്തു കഠാരയെടുത്ത് അയാളുടെ നെഞ്ചിന് കയറ്റി കൊടുത്തു എന്തുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ പോകും ഈ മരിച്ചു കഴിഞ്ഞാൽ പോകുന്നതുടങ്ങി ആശയത്തിനെതിരായിട്ട് ആര്യ സമാജികൾ സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലം ഒരാശയമാണ് അപ്പൊ കൊന്നാട് ഇത് സ്വാഭാവിക മരണമാണ് അല്ല ഒരാൾ കൊല്ലുകയാണ് അന്ധമായി മൂഢമായി ഓരോ വിശ്വാസങ്ങൾ തലയിലേക്ക് വെച്ചു പിന്നെ അത് ഈ കൊല്ല എന്ന് പറയുന്നൊരാശയം കടയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സന്യാസി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സർവഭൂതങ്ങളിൽ നിന്നും അഭയപ്രദനാണ് സന്യാസി എല്ലാ പ്രാണികൾക്കും അഭയം കൊടുക്കുന്നവനാണ് അവര് സന്യാസി എന്നിട്ട് ഈ സന്യാസിയാണ് എന്ത് ചെയ്യുന്നത് കൊല്ല നടന്ന് ഒരുപാട് ചരിത്രം വേണമെന്ന് പറഞ്ഞുതരാം ഏഷ്യൻ ആർക്കീവ്സ് എന്ന് പറയുന്ന റെഫറൻസ് അത് ഉപയോഗിച്ച് പലരെയും കുറിച്ച് എഴുതിയിട്ടുണ്ട് അതായത് കഥകളല്ല ബ്രിട്ടീഷുകാരും മറ്റും രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ് ഏകദേശം നൂറ് വർഷത്തോളം ബ്രിട്ടീഷ്കാർ കുംഭമേള നിരോധിച്ച് എന്തിനാണ് ഇവര് തമ്മിലടിച്ച് മരിക്കുന്നത് പല ശക്തികൾ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ബൈരാഗി എന്ന് പറയുന്ന ഗ്രൂപ്പും അത് വൈഷ്ണവ ഗ്രൂപ്പും ദശനാമി എന്ന് പറയുന്ന ഗ്രൂപ്പും ഈ രണ്ടു കൂട്ടികൾ ഗീതയൊക്കെ അറിയാവുന്നവരാണ് അല്ലെങ്കിൽ ഗീത പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ നയിക്കുന്ന ആചാര്യ മഹാമണ്ഡലേശ്വരന്മാരിലൊക്കെ പഠിക്കുന്നവർ പഠിച്ചിട്ടുള്ളവരാണ് അപ്പൊ ഈ ഹിംസ ചെറു കുഴപ്പമാണ് എന്താണ് എപ്പോഴും വരുന്നതാണ് അവരൊരു പൊതുശത്രുതിനെ കണ്ടിട്ടായിരിക്കും രൂപീകരിക്കുന്നത് പക്ഷെ ആ പൊതുശത്രുവിട്ടിരിക്കും തമ്മിലടിക്കുന്നു തമ്മിലടിച്ചുപൊടി ആയിരത്തി എണ്ണൂറ്റി അറുപത് കുംഭമേള വൈരാഗികളും ഈ പറയുന്ന ദശനാമികളുടെ മുമ്പിൽ ഹരിദ്വാര കുംഭമേളയിൽ യുദ്ധമുണ്ടോ യുദ്ധമാണ് അടിയല്ല കാരണം എല്ലാവരുടെ കയ്യിലൊന്നുകൊണ്ട് വാള് കുന്തം പരിച വ്യായുധങ്ങളുമായിട്ടാണ് പോകുന്നത് ഒരു ധർമ്മരക്ഷിക്കാനാണ് ഇതൊക്കെ എടുക്കുന്നതെന്നാണ് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കണക്കനുസരിച്ചു പതിനെണ്ണായിരം പേരാമരിച്ചത് എന്നാലോച ഈ കുമ്പം വേള കുമ്പം മേളാ ഭയങ്കര പ്രചാരം കൊടുക്കും നല്ല കാര്യം തന്നെ ഇപ്പൊ അതൊന്നും നടക്കരുത് നല്ല കാര്യം തന്നെ നല്ലവണ്ണം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും അപകടങ്ങളൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ അവിടെ അത് എങ്ങനെ പണ്ടം നടന്നും ഇവിടെ ഇന്നിപ്പോൾ ഇവർക്ക് ഈ തള്ളിവിടുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും അതിന്റെ വാസ്തവമല്ല ചരിത്രരേഖകളായി നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഉദാസി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് അഖയു അവര് പ്രകോപിതരായി പ്രകോപിതരായാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഈ താള ചുവപ്പ് കാണുന്ന ഇളവെന്ന് പറയും പോലെയാണ് അവര് കാണുന്നവരെയൊക്കെ വെട്ടി അഞ്ഞൂറ് ബ്രിട്ടീഷ് പട്ടാളം ഇടപട്ടാളം ശാന്തമായിരുന്നു പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തിരണ്ടില് നാസിക്ക് മുമ്പേ അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ അവിടെയും വൈരാഗികളും ദശനമ്മയാണ് ഏറ്റുമുട്ടി ആയിരം കൊണ്ട് ഏറ്റുമുട്ടി കുറേ അധികം പേരും അന്ന് ഭരിച്ചിരുന്ന പേഷ്വ രാജാവ് രാജാൻ ഇടപെട്ട് പുളിയൊരു കാര്യം ചെയ്തു ഈ ദശനാമികൾ അവിടെ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെ ത്രംബകേശിലേക്ക് മാറ്റി ഇവർ തമ്മിലടിക്കായിരുന്നു ഏകദേശം ഒരു നൂറു വർഷത്തോളം അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വരെ കേസം വലിയ കുഴപ്പമില്ലാതെ പോയി ക്രംഭകേസറിൽ അന്ന് വീണ്ടില്ല കളയാണ് വരെ പിന്നീട് ബ്രിട്ടീഷുകാർ കുംഭമേളം നിരോധിച്ചു വീണ്ടും അടിച്ചു അങ്ങനെ വരിച്ചു അപ്പൊ നിങ്ങൾ ഇവർക്ക് ആയുധം കൊണ്ടു നടക്കുന്നുണ്ട് ധർമ്മം രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ഇന്നും ഒരു ധർമ്മം രക്ഷിക്കാൻ കൊണ്ട് ഉപയോഗിച്ചിരിക്കാം പക്ഷെ ഇതെന്താണോ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെല്ലാം ഒരുപാട് തമ്മിലെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കുമ്പഹരിദ്വർക്കും അന്ന് സർക്കാരിന്റെ കണക്കനുസരിച്ച് അമ്പത് പേരാണ് മരിച്ചത് പത്രങ്ങളിൽ വന്ന കണക്കനുസരിച്ച് അത്രയൊന്നും ഇല്ലാതെയും കൂടുതലാണ് ഈ അടുത്ത കാലത്ത് ഇതിന്റെ ആൾക്കാർ മറന്നുപോയി ഇങ്ങനെ ഒരാളെ ഈ കുംഭമേള വെച്ച് അത് ആരും നിയന്ത്രിക്കാനായിട്ടും ഓരോ വരുന്നവരോരോരുത്തരും ഓരോ നടക്കോടിക്കണക്കിന് ആൾക്കാർ സ്വയം നിയന്ത്രിച്ച് പോകുന്ന ഒരു പരിപാടിയാണ് വേണീ പറയെന്തിനാണ് എന്തെങ്കിലും കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ കുംഭമേളയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആ കുംഭം വേണമെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പത്ര റിപ്പോർട്ട് അത് റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് ആയിരത്തിൽ കൂടുതൽ പേര് മരിച്ചു ഗവൺമെന്റിനുള്ളതനുസരിച്ച് മുന്നൂറ് പേരാണ് മരിച്ചത് എന്റെ ഫോട്ടോ വരെ ഇല്ലെന്ന് നോക്കിയാൽ പോർ പി എസ് മരിച്ച ശ്രവങ്ങള് ബങ്കയുടെ തീരത്ത് ഗവൺമെന്റ് അന്ന് അത് എന്ത് ചെയ്തു അന്ന് യു പി ഭരിക്കുന്നതും നെഹ്റു നെഹ്റു അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പോയി അന്നും ഇത് വെച്ച് ഓട്ട് കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത്രയും മരിച്ചു കഴിഞ്ഞപ്പോൾ അന്നൊരു കമ്മീഷന് ആ കമ്മീഷൻ ഇതിനെക്കുറിച്ച് പഠിച്ചതിന്റെ വിശദമായ റിപ്പോർട്ട് ഉണ്ടാക്കി എങ്ങനെ ഇത് നടത്തണം ആ നിർദ്ദേശങ്ങൾ പിന്നെ അതിനെ തുടർന്ന് വന്ന പരിഷ്കാരങ്ങളനുസരിച്ച് വളരെ ശക്തമായൊരു സംവിധാനമുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ഇപ്പോൾ അവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇതുവരെയും നടന്നത് സർക്കാരിന്റെ വളരെ ശക്തമായ ഇടപെടലുകളുള്ളതുകൊണ്ട് എന്നുവെച്ചാൽ ഈ ആയുധം കൊണ്ടുവരുന്ന മനുഷ്യര് അവര് എന്ത് ചെയ്യും എന്ത് പ്രവർത്തിക്കും എന്ന് പറയാൻ പറ്റും ഇവരാക്രമിക്കും പരസ്പരാക്രമിക്കും ഈ പറയുന്ന ഈ ആത്മീയത പറയുന്ന ഗീത പഠിക്കുന്ന ഈ രണ്ട് ഗ്രൂപ്പുകൾ ഏതാണ് ദശനാമി അക്കാളിയും വൈരാഗ്യ അക്കാളി ഇവര് ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രാമ ജന്മഭൂമി പ്രക്ഷോഭത്തോടൊക്കെ അടുപ്പിച്ച് വന്നപ്പോ ഇവരുടെ ഇടയിൽ ഇവർക്ക് ഐക്യം വേണ്ടി വന്നതുകൊണ്ട് കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുവരെ എന്ന് ഞാൻ ഹരിദ്വാറിലെ തരുന്ന സമയത്ത് പോലും ഇവർ ദശന്നാമി ആശ്രമത്തിൽ വൈരാഗി സന്യാസി താമസിച്ചിട്ടുണ്ട് വൈലാസാശ്രമത്തിൽ നിന്നും താമസിപ്പിക്കുന്നു അത്രമാത്രം വിരോധമാണ് എന്തുകൊണ്ട് ഒരു തലമുറകളായി പരസ്പരം ഏറ്റുമുട്ടിയവരാണ് ഒന്ന് വൈഷ്ണവരാണ് മറ്റത് ശൈലന്മാരാണ് അവിടെ കാശങ്ങളിൽ ഭണ്ഡാരുണ്ട് ആ ഭണ്ഡാരം ഇവരൊക്കെ അദ്വൈതം പറയുന്നവരാണ് ഈ അവരെ മുമ്പ് ഈ വൈരാഗ്യ സമ്പ്രദായത്തിൽ വൈഷ്ണവരെ വിളിച്ചിട്ടില്ല ഭക്ഷണങ്ങൾ ഇനി വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകം പകുതിയില്ലെത്തും പുറത്തും ഈ പറയുന്ന ആത്മീയതയെന്നും ഈ ഗ്രൂപ്പുകളുടെയൊന്നും ഇവർക്കെല്ലാം ഇവരുടെ സ്വഭാവം ഹിംസാത്മകമാണ് ഒരാൾ പറയണം ഇവിടെ കൂടെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ കരുതി ഇവരെന്താ ഈ കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിക്കും ഈ വരുന്നവരെല്ലാം അഗാധമായ ആത്മീയ ബോധത്തിൽ ആന്തരികമായ ഒരു ബോധത്തിൽ ഇങ്ങനെ നിലക്കുകയും ഒരു മണ്ണാങ്കട്ടെങ്കിൽ അങ്ങനെ യാതും വ്യക്തികളുണ്ടാവും ആത്മീയബോധം അവരവിടെ പോണമെന്ന് പോകണമെന്നുണ്ടെന്നും എന്തുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനമായ പഠനങ്ങളിൽ തന്നെ തെറ്റുള്ളത് എന്താണെന്ന് ധർമ്മത്തിന് വേണ്ടി ആയുധം എടുക്കുക ശരി ഈ ആയുധം കഴിഞ്ഞിരുന്ന എനിക്ക് തോന്നും ഞാൻ ധർമ്മമാണ് നിങ്ങളൊക്കെ അധർമ്മമാണ് എന്ന് തോന്നിയാൽ നിങ്ങളെ നേരം അത് പ്രയോഗിക്കും ഞാൻ ചരിത്രം എന്ന സാക്ഷിയാണ് ഇത്രയോ വലിയ സാക്ഷി എന്ന് പറയുന്ന ഈ തന്നെ ഇവിടെ ഈ സന്യാസിമാര് പറയുന്നത് ഈ ചാവേ സംഘത്തെ ഉണ്ടാക്കിയത് മുസ്ലിം രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ അതിക്രമങ്ങൾക്കെതിരെ പോരാടാനുള്ള അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ ഇല്ല അങ്ങനെ ഇവര് സംഭവിച്ചിട്ടുള്ളൂ പക്ഷെ അതിലൊന്നും ഇവര് പോരാടി വിജയിച്ചിട്ടില്ല കാരണം സുശിക്ഷിതരായ സംഘടിതരായ ഒരു സൈന്യത്തോട് പോരാടി ജയിക്കുന്നതിന് ഉള്ള ശേഷി ഒന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴിവിടെ ഭരിച്ചതും ഗുളം മാറി വരികയാണ് മുസ്ലിംകൾ ഇവരാരും രാജിവരിച്ചിട്ടില്ല ഒരു മണ്ഡലേശ്വരനെ ഇന്ത്യ ഭരിച്ചിട്ട് ഒരു മഹാമണ്ഡലേശ്വരൻ ഒന്നുകിൽ മുസ്ലിങ്ങളോട് എതിരിട്ട് പരാജയപ്പെട്ട് അവർക്ക് കപ്പം കൊടുത്ത് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട് കുറെ അധികം പക്ഷെ അല്ലെങ്കിൽ ശിവജി പോലെയുള്ള ആൾക്കാർ എതിരിട്ട് എതിരിട്ട് ജീവിതകാലം മുഴുവൻ യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോയി പറയുന്ന മഹാമണ്ഡലേശ്വരന്മാരും ഈ ചാവ് ചവേറുകളൊക്കെ യുദ്ധം ചെയ്തിട്ട് ഇന്ത്യയൊന്നും ഭരിച്ചിട്ട് ഒരുപാട് പേരും ഭരിച്ചു കഴിഞ്ഞിട്ട് അതിനും അർക്കിവിസുകൾ രേഖകളും അപ്പോ മനുഷ്യന്റെ അടിസ്ഥാനപരമായി എന്താണ് മനുഷ്യന്റെ തികച്ച മൂഢമായ വിശ്വാസം അന്ധമായ വിശ്വാസം ആ വിശ്വാസം മനുഷ്യന് അന്ധനാകുന്നു അവന് ഹിംസാത്മകമായി ആയുധമെടുക്കും അപ്പ അവൻ പറയുള്ള ആത്മീയതയിലും ആയുധം വേണം എന്നിട്ടുള്ള ആശയങ്ങളുമുണ്ട് ഇതൊക്കെ ശത്രുക്കളെന്ന് ഇവർ കരുതുന്നവർക്ക് എന്തെങ്കിലും നാശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇവർക്ക് ഇവരുടെ ഉള്ളിൽ തന്നെയാണ് നാശം ഉണ്ടാക്കിയത് ഇതിൽ കൂടുതൽ സംഭവങ്ങളുണ്ട് എനിക്കെന്താ ഓർമ്മയിൽ എല്ലാം പറയുന്ന ഓർമ്മ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് അതിക്രമങ്ങൾ ഈ ആയുധം അപ്പൊ എന്തുകൊണ്ട് ജീവിതം നയിക്കേണ്ടവർ ആധ്യാത്മികമായി എന്താണ് സർവപ്രാണികൾക്കും അഭയം നൽകി ജീവിക്കേണ്ടവർ അവരെന്താ സ്വയം പറയുന്നില്ല ഞങ്ങൾ ശസ്ത്രധാരികളാണ് സന്യാസം രണ്ട് തരത്തിലുണ്ടെന്നും ഒന്ന് ശാസ്ത്രധാരികളും മറ്റൊന്ന് ശസ്ത്രധാരികളും വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ഞങ്ങൾ ശസ്ത്രധാരികളും ഇവരുടെ എന്താണ് പൂർവ്വകാലങ്ങളെ കുറിച്ച് അവർക്കറിയാം ഇവരൊന്നും പരിശോധിക്കാറില്ല ചൈനീസ് സഞ്ചാരി ഏഴാം നൂറ്റാണ്ടെല്ലാം കുയാമിസ് ആലിങ്ങോട്ട് നല്ല പേർ കൂടി നിരവധി പേര് ീ മേളകളെ ഇതിനുള്ള നല്ലതിനെ കുറിച്ചും ചെയ്തയെ കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നിരവധി വിദേശ ഇതിനെ രേഖകൾ ഇതിനെ ഉപജീവിച്ചുകൊണ്ട് ഇന്ത്യക്കാരായ ഒരുപാട് പേര് ഗ്രന്ഥങ്ങൾ എഴുതി ഇന്ന അവൈലബിളാണ് ആർക്കിവിസങ്ങളിലും ആർക്കിവിസുകളുടെ ദിനമുണ്ട് ഇപ്പൊ യുദ്ധം ഹിംസ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധിക്കുക എന്ന് വിചാരിക്കും അത് ദോഷങ്ങൾ ചെയ്യുമെന്നുള്ളത് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കും പ്രത്യേകിച്ചും സന്യാസം ആത്മീയത ഹിംസ ഇതൊക്കെ ബന്ധപ്പെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചരിത്ര രോഗിക അതുകൊണ്ട് മരിക്കുക അതിനൊരാളെ തയ്യാറായിരിക്കുക നല്ലത് സ്വഭാവമായി സംഭവിക്കുന്ന പക്ഷെ ആത്മീയത ഭരിക്കലും കൊല്ലുന്നതിനൊരാളെ തയ്യാറാക്കുന്നതായിരിക്കും അങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ പാടില്ല അത് നമുക്ക് ദോഷിക്കും അതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവും ഇതെന്റെ അഭിപ്രായവും ഗീത ഇങ്ങനെ നിരന്തരം ചിന്തിച്ച് ചിന്തിച്ചു വന്നപ്പോൾ എന്റെ ഉള്ളിൽ വന്ന ആവശ്യമാണ് ഈ പറയുന്നതെല്ലാം ഭഗവാനും പറയുന്നു എന്ന് കരുതല്ല പേരിൽ മനുഷ്യര് പറയുന്നുണ്ട് ഭഗവാൻ പറയുന്നുണ്ട് രണ്ടുമുണ്ട് ഭഗവാൻ പറയുന്നതിന് ഞാൻ അത് പ്രത്യേകിച്ച് തന്നെ മനുഷ്യൻ പറയുന്നു അത് മനുഷ്യൻ പറഞ്ഞായിട്ട് തന്നെ മനസ്സിലാവും മനുഷ്യനാണിങ്ങനെയുള്ള പുനഷ്ടബുദ്ധിയുണ്ടാകും അങ്ങനെ ഒന്നുകളെ ഒന്നാലും മരണമാവും എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യ നേരെ പറഞ്ഞുണ്ടോ എന്താണ് അഭയം കൊടുക്കുന്നതാണ് ആത്മീയത സന്യാസം ഏതാണ് ഇവിടെ പറയുന്ന സമ്പത്ത് മറ്റൊന്ന് വീതി എന്ന് പറയുന്ന സമ്പത്ത് അത് കേമമാണെന്ന് വിചാരിക്കുന്നത് അപകടമാണ് എന്നാണ് ഈ പറയുന്നത് ഞാൻ ഓരോ തവണ ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറയും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ചിന്തിച്ചാൽ കൊള്ളാം ഞാൻ ഈ പറയുന്നുണ്ട് ആരും പറയുക ഇത് ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തടിക്കാം ഞാൻ എന്റെ ചിന്ത ഞാൻ പങ്കുവയ്ക്കുന്ന അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ സ്വീകരിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല നിങ്ങൾ സ്വീകരിക്കും എന്നെനിക്ക് യാതൊരു ഉറപ്പില്ല ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാം സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കുക അത്